കർമ്മരേഖ വെളിപ്പെടുത്തപ്പെടും അതിലുള്ള കാര്യങ്ങൾ കണ്ട് കുറ്റവാളികൾ ഭയപ്പെടും അവർ പറയും കഷ്ടം നമുക്ക് എന്തൊരു ഗ്രന്ഥമാണിത് ചെറുതും വലുതുമായ യാതൊന്നും ഇത് വിട്ടുകളയുന്നില്ല എല്ലാം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു തങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അവിടെ ഹാജറായതായി അവർ കണ്ടെത്തും നിന്റെ രക്ഷിതാവ് ആർക്കും അനീതി കാണിക്കുകയില്ല